ർത്ഥം അള്ളാഹു നബിക്ക് ധാരാളം നേട്ടങ്ങൾ നൽകിയതിനെ കുറിച്ച് ഒന്നാം സൂക്തത്തിൽ പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം തീർച്ചയായും നിനക്കു നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ